കേക്കാലേ കേക്കാമോ ആ ഞാൻ ആദ്യം ഒരു സാക്ഷ്യം പറയാം ഞാൻ കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു ഒരു യൗവനക്കാരനെ കാണാൻ പോയിരുന്നു അദ്ദേഹം ഒരു ദേവദാസന്റെ മകനാണ് ഒരു മകനാണ് കോളേജിൽ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നു കോളേജിലൊക്കെ വളരെ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുകയൊക്കെ ഇങ്ങനെ ചെയ്തതാണ് പക്ഷെ മാനസിക രോഗം വന്ന് മരുന്ന് കഴിച്ച് കുറച്ച് നാളായിട്ടാണ് ഞാൻ അറിയുന്നത് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞ് വീട്ടിൽ ഞാൻ ചെന്നപ്പോ എല്ലാം ഇങ്ങനെ ഉറക്കെ കരിഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഭയം ഇതെല്ലാം ഒരു അങ്ങനെ എന്തായാലും ഞാൻ എന്റെ മാനസിക രോഗാവസ്ഥയിൽ എങ്ങനെ സഹായിച്ചു എന്നൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ചു പോകുന്നു അങ്ങനെ ഇടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും അപ്പയെൻ ഇങ്ങോട്ടെന്തേലും ചോദിച്ചാൽ മാത്രം ഞാൻ അങ്ങോട്ടെന്തേലും പറയും അങ്ങനെ അല്ലാതെ ഇനിച്ച് കയറിയൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്കൊരു ഇങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ഞാൻ മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ബൈബിൾ എടുത്ത് നേരെ ചൊവ്വ വായിച്ച് തുടങ്ങി അത് മാത്രമല്ല ഏർ എനിക്ക് ഈ ബൈബിള് വായിക്കാൻ നേരം മരുന്ന് കഴിച്ച നേരം ഈ ശരിക്കും പണ്ടത്തെ പോലെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ ബൈബിൾ എങ്ങനെയാണ് പഠിക്കണ്ടേ അതിനുള്ള ഇന്റർനെറ്റുള്ള ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയച്ചു തരണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു എന്തായാലും ആ ദൈവാത്മാവ് പ്രവർത്തിച്ച് ആരും പറയാതെ തന്നെ കൊണ്ട് ബൈബിൾ എടുപ്പിക്കുകയും വായിപ്പിക്കുകയും അതിനകത്തോട്ട് ഒരു താല്പര്യം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമായി കാരണം അങ്ങനെ ഒരാൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു വിടുതൽ തുടങ്ങുന്നത് അവിടെയാണ് ശരിക്കും വചനം വായിച്ച് ആ വചനത്താൽ നമുക്ക് ദാനമായിട്ട് കിട്ടുന്ന വിശ്വാസം ആ വിശ്വാസം നമ്മൾ വ്യാപരിക്കുകയും ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയും ആ പുതിയ മനുഷ്യനെ ധരിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും സ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും സാക്ഷാൽ സ്വാതന്ത്ര്യനാകുകയും ചെയ്യുന്നത് അല്ലാതെ തൽക്കാല തൽക്കാലമായിട്ട് മാനസിക ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാലും ഈ സത്യം സ്വ സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതൊക്കെ പിന്നെയും തിരിച്ചു വരും അന്നേരം പിന്നെ അന്ന് ദൈവം സ്വാതന്ത്ര്യം തന്നില്ലേ അന്ന് ദൈവം വിടുതൽ തന്നില്ലേ എന്നുള്ള ചോദ്യം ഇയാൾക്കും ഉണ്ടാകും ഈ വിടുതൽ കൊടുത്തിയ ആൾക്കാര് നീ ഇനി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഏർ നിനക്ക് പിന്നെ അത് തിരിച്ചു വന്നതെന്നുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും ഈ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യില്ല അപ്പം നമ്മൾ ദൈവ വായിച്ച് മുന്നോട്ട് പോയി സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരവസ്ഥയാണ് ക്രിസ്തീയ ജീവം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് പുത്രൻ സ്വന്തനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു അതിനുശേഷം ഈ സ്വാതന്ത്ര്യം നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക അടിമ മുഖത്തിൽ നിങ്ങൾ പിന്നെയും പെട്ടുപോകരുന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ കർത്താവ് പറഞ്ഞ സ്വാതന്ത്ര്യം സത്യത്തായുള്ള സ്വാതന്ത്ര്യം എന്നാണ് ശരിക്കും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിന്റെ കൂടെ ഇന്ന് ഈ സാക്ഷിയോ ഈ ആഴ്ച കിട്ടി ഇത് ശരിക്കും പറഞ്ഞാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും നമ്മൾ ഏഹ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിൽ എന്നാണ് ശരിക്കും ഇംഗ്ലീഷില് ലോ എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മള് ലോയിനാണ് ന്യായ പ്രമാണ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വചനം വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മള് സർപ്പം ഉപായത്താൽ അവയെ വഞ്ചിച്ചതുപോലെ നമ്മളെയും വഞ്ചിച്ച് വീണ്ടും അടിമ നുഖത്തിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷില് ലോ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരം നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ന്യായ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രമാണം എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം നമ്മളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തൽക്കാലം അത് ഭാഷയുടെ പോകണ്ടമാണം എന്ന് പറഞ്ഞാൽ ന്യായമെന്താണ് അന്യായമെന്താണ് എന്ന് മനസ്സിലാക്കി ന്യായം ചെയ്യുകയും അന്യായം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഒരു വ്യവസ്ഥയാണ് ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ റോമ റെട്ടില് പറയുന്നുണ്ട് ജീവന്റെ പ്രമാണം എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും അടിമ നുഖത്തിന്റെ കീഴിൽ നിൽക്കുകയും എന്താണ് ചെയ്യണ്ടേന്നറിയാം എന്താണ് ചെയ്യണ്ടാത്തെന്നറിയാം പക്ഷെ ചെയ്യണ്ടാത്ത കാര്യമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ ആഗ്രഹമില്ല പറയും ഓ ഈ ജഡം ഓ ഈ ജഡം ഭയങ്കരം എന്നിട്ട് ക്രിസ്തുവിനേക്കാൾ വലിയ മഹത്വം ജഡത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മള് എന്നും നിൽക്കും അതുകൊണ്ട് ഈ രണ്ട് പ്രമാണങ്ങളും ഈ രണ്ട് ലോസും വ്യത്യസ്തമായി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം ഇവിടെ യാക്കോവ് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ന്യായ ശരിക്കും അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉറ്റുനോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉറ്റുനോക്കി നിലനിൽക്കുന്നവനെ പറ്റി അതിൻ്റെ മുകളിലത്തെ വാക്യം വായിച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഒന്ന് യാക്കോബ് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യായം പറയുന്നത് ഒരുവൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു അപ്പൊ ഇവിടെ കേൾക്കുന്ന വചനം അയാള് ഒരു പ്രത്യേക രൂപമായിരുന്നു എന്നയാളെ മനസ്സിലാക്കിപ്പിക്കുന്നു അത് മറന്നു പോകാതെ ജീവിക്കുന്നതിനാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ പറയുന്ന വചനം വചനം പറയുന്നത് മോശ ന്യായ പ്രമാണമെന്നാണ് പക്ഷെ മോശം ന്യായപ്രമാണം അല്ല കാര്യം യാക്കോബ് ഇങ്ങോട്ട് പറഞ്ഞു അടിയിലോട്ട് പറഞ്ഞു പറഞ്ഞ് വരാൻ നേരം അവിടെ പറയുന്നുണ്ട് കുല ചെയ്യരുന്ന് പറഞ്ഞവൻ തന്നെ ഈ വ്യഭിചാരം ചെയ്യരുന്ന് പറഞ്ഞോണ്ട് ഒത്തിരി ഈ പറഞ്ഞവൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും തെറ്റിച്ചുകഴിഞ്ഞാല് നമ്മളെല്ലാം പോക്കായി പൗരോസ് പറയുന്നുണ്ട് ന്യായ പ്രമാണത്തിന്റെ കീഴിലാകുന്നവൻ ശബിക്കപ്പെട്ടവൻ അവനൊരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് റോമറില് പറയുന്നുണ്ട് ഈ ന്യായ പാപത്തിന്റെ ബലം എന്ന് പറയുന്നുണ്ട് അതുപോലെ യാക്കോ അടിയിലോട്ട് പറഞ്ഞു വരുമ്പം ഈ അനുസരണം പറഞ്ഞു വരാൻ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട് അനുസരിച്ച ആൾക്കാരെ ഒന്ന് അബ്രഹമാണ് അബ്രഹാം എന്താണ് അനുസരിച്ചത് മകനെ കൊല്ലാൻ പോയി അത് മോശരൻ ആ പ്രമാണത്തിനെതിരാണ് കൊല ചെയ്യുന്നതാണ് മോശൻ ഏപ്രമാണം പിന്നെ അനുസരിച്ചത് രാഹബാണ് എന്താണ് കള്ളസാക്ഷി പറഞ്ഞു മോശമാണം കള്ളസാക്ഷി പറയരുതെന്നാണ് പറഞ്ഞത് അപ്പം ഇവര് രണ്ടുപേരും മോശ ന്യായ പ്രമാണം ആ അക്ഷരത്തിന്റെ ആ ശുശ്രൂഷ അത് തെറ്റിച്ച ആൾക്കാരാണ് ഇതിന്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എന്ന് നമ്മൾ ശരിക്കറിഞ്ഞിരിക്കണം ശരിക്കറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എന്ന് നമ്മൾ അറിഞ്ഞില്ല ഇത് നമുക്ക് ഭയങ്കര ഒരു നമ്മൾ വീണ്ടും അടിമതുതത്തിന്റെ അടിയിലായിട്ട് പാപത്തിൽ നിന്നും രക്ഷ കിട്ടാതെ നമ്മള് വിശ്വാസമാർഗം ത്യജിച്ച് കർമ്മ മാർഗത്തിൽ വീണ്ടും ജീവിക്കുന്ന ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോ ഇത് ഇത് നമ്മള് ശരിക്കും മനസ്സിലാക്കണം മനസ്സിലാക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അക്ഷരത്തിന്റെ ശുശ്രൂഷ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നുണ്ട് ആത്മാവിന്റെ ശുശ്രൂഷയിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കുന്നത് അത് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കൊരിന്തിയർ മൂന്നിന്റെ ആറ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് അവൻ ഞങ്ങളെ പൊതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി അപ്പൊ പുതിയ നിയമത്തിന്റെ ഒരു ശുശ്രൂഷയുണ്ട് അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല അപ്പൊ മോശം ചെയ്ത കാര്യമാണ് ആ ന്യായ പ്രമാണം കൊടുത്തതിനെയാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷക്കാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ ആ പത്ത് കൽപ്പനകളെ പറ്റിയാ പറയുന്നത് കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം അപ്പോ ഈ രണ്ട് ശുശ്രൂഷകളും രണ്ട് തേജസ്സുകളെ പറ്റി ബന്ധിപ്പിക്കുന്നുണ്ട് ഒന്ന് നീക്കം മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകിയില്ലയോ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും അതെ തേജസ്സോട് കൂടിയ ഈ കാര്യത്തിൽ ഈ അതിമുഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാതായി എന്ന് വെച്ചാൽ ആത്മാവിന്റെ ശുശ്രൂഷ വന്നപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ നമുക്ക് തരുന്ന തേജസ് വെച്ച് നോക്കുമ്പോൾ അന്ന് മോശയുടെ ആ മുഖത്തുണ്ടായിരുന്ന തേജസ് ഒരു തേജസ് തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടായി എന്നാ പറയുന്നത് അത്ര അത്ര കുറഞ്ഞ തേജസ് ആയിരുന്നത് നീക്കം വര നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ മോശിയുടെ ആ ആ പ്രമാണത്തിനെ പറ്റി പറയുന്നത് നീക്കം വരുന്ന തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം നമ്മൾ കണ്ടു ഇത് മോശയുടെ ന്യായ പ്രമാണം അതിനേക്കാൾ തേജസ് ഒരു ശുശ്രൂഷയാണെന്ന് കണ്ടു ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ഒരു ആത്മാവിന്റെ ശുശ്രൂഷയാണെന്ന് കണ്ടു എന്നിട്ട് ഇത് നീക്കം വരുന്നതല്ല ഇത് നീങ്ങാത്തതാണെന്ന് കണ്ടു അതുകൊണ്ടാണ് പുത്രൻ സ്വാതന്ത്ര്യനാക്കിയവൻ സാക്ഷാൽ സ്വതന്ത്രനാകും എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോകുന്ന ഒരു സ്വാതന്ത്ര്യമല്ല ഒരു സാക്ഷാൽ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ നിലനിൽ നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് ഇരിക്കുന്നുവല്ലോ അപ്പൊ യഹൂദൻ പഴയ നിയമം വായിക്കാൻ നേരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രകാശനമില്ലാത്ത പഴയ നിയമം വായിക്കാൻ നേരം അവർക്കൊരു മൂടുപടം ഉണ്ട് അവരിപ്പോഴും എന്താണ് കാണുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്താണ് ന്യായം എന്താണ് അന്യായം എന്ന് മാത്രമേ അവർ കാണുന്നുള്ളൂ പക്ഷെ ഇവിടെ പറയുന്നത് പഴയ വായിക്കുമ്പോഴേക്കും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു മോശിയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം മാറി പോകും എന്നിട്ട് പറയുന്നു കർത്താവ് ആത്മാവാകുന്നു അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നൗ ദോഡ് ഈസ് ദ സ്പിരിറ്റ് എന്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് ആകുന്നു എന്നിട്ട് പറയുന്നു കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിനെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അപ്പോ ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ആ കൽ ആ കൽ പലകൾ കൊത്തിയ മരണ ശുശ്രൂഷ എന്ന് പറഞ്ഞ പത്ത് കൽപ്പനകൾ അനുസരിക്കുന്നതല്ല ശരിക്കും ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണം അതല്ല ഏഹ് ആ അത് പത്ത് കൽപ്പനകൾ മാത്രം അനുസരിച്ചിട്ട് കാര്യമില്ല കാരണം ആ ആ ന്യായ പ്രമാണം തരാൻ കൽപ്പനകളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാല് എല്ലാം തെറ്റിക്കുന്ന പോലെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ശരിക്കും ഇത്രയും വായിച്ചിട്ടാണ് ഈ ഒരു ഈ കൃപയുടെ ശുശ്രൂഷ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പൊ തോന്നിയ പോലെ ജീവിക്കാം ഏർ എന്തായാലും കുഴപ്പമില്ല ന്യായപ്രമാണം എടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വഞ്ചന ഇവിടെ ഉണ്ടായിട്ടുണ്ട് കർത്താവ് ഇതിനെ പറ്റി പറഞ്ഞത് ഇതൊരു ഇടുക്കു വഴിയാണ് ഇത് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാന്ന് പറഞ്ഞിട്ടുണ്ട് ജീവൻ കിലേക്കുള്ള വഴി ഒരു ഇടുക്കു വഴിയാണ് ഒരു ഇടുക്കു വഴി എന്ന് പറഞ്ഞാല് ഇടത്തോട്ട് ഇച്ചിരി മാറിപ്പോയിക്കഴിഞ്ഞാൽ വിശാല വഴിയിലെത്തും വലത്തോട്ട് ഇച്ചിരി മാറിപ്പോയാലും വിശാല വഴി എത്തും ഈ വഴിയാണ് നമ്മള് അവിടെ പറയുന്നുണ്ട് ലോലെസ്നെസ് എന്ന് പറഞ്ഞിട്ട് അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്ന സ്ഥലത്തെത്തും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയിലും എത്തും ഇതിന്റെ ഇടയ്ക്കുള്ള ഇടുക്കു ഈ ജീവിക്കുള്ള ആത്മാവിന്റെ വഴി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായ എന്ന് പറഞ്ഞാല് എന്താണ് ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഈ കർത്താവിന്റെ ആത്മാവ ഉള്ളടത്തുള്ള പ്രമാണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പ്രമാണത്തിലാണ് സ്വാതന്ത്ര്യമുള്ളത് ന്യായ അന്യായങ്ങളെ കുറിച്ചുള്ള പുത്രൻ സ്വതന്ത്രമാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് പുത്രൻ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് അല്ല ന്യായ പ്രമാണം നീ ഒന്നും ചെയ്യേണ്ട സ്വർഗത്തിൽ കൊണ്ടുപോകാം വെറുതെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടല്ല നമുക്കകത്ത് ഒരു പ്രമാണം തരുന്നുണ്ട് അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉച്ചുനോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മാവിന്റെ ശുശ്രൂഷ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആത്മാവ് ഉള്ളിടത്തുമേ നടക്കുകയുള്ളൂ എന്നിട്ട് എന്താണ് ഈ പ്രമാണം എന്ന് ചോദിച്ചു നമ്മൾ റോമർ എട്ട് വായിക്കുമ്പം എന്താണ് ഈ പ്രമാണം എന്ന് പറയുന്നുണ്ട് റോമർ എട്ടിനകത്ത് എന്താണ് ഈ പ്രമാണം എന്ന് പറയുന്നുണ്ട് റോമർ ഏഴിനകത്ത് പറയുന്നത് ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ നമ്മളിൽ ഉരുവായ പാപരാഗങ്ങൾ എന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ന്യായപ്രമാണത്തില് പത്ത് കൽപ്പനകളില് പത്താമത്തെ ഒരു കല്പന ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കൽപ്പനകളും നമുക്ക് കടിച്ചു പിടിച്ച് അനുസരിക്കാം കാരണം അതെല്ലാം പ്രവർത്തികളുടെ തലത്തിലുള്ളതാണ് പത്താമത്തെ കൽപ്പന നമ്മുടെ ശരീരം സംബന്ധിച്ചല്ല ഹൃദയം സംബന്ധിച്ചുള്ള കാര്യമാണ് ആ കൽപ്പന ഇതാണ് ചെറുതാണ് മോഹിക്കരുത് ഇപ്പൊ മുൻപേ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യാതിരിക്കാം കാരണം ഇത് നടക്കുന്ന സ്ഥലത്ത് പോവാതിരുന്നാൽ മതി പക്ഷേ സ്ത്രീയെ മോഹിക്കുന്നവൻ അത് ചെയ്തു എന്ന് പറയുന്നുണ്ട് നിന്റെ അയൽക്കാരന്റെ സാധനങ്ങൾ മോഹിക്കരുത് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അയൽക്കാരന്റെ സാധനം കട്ടെടുക്കാതിരിക്കോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ മോഹം ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ളതിനേയും സ്നേഹിക്കരുന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെയാണ് എല്ലാവർക്കും പ്രശ്നമുള്ളത് ഈ പത്താമത്തെ കൽപ്പന വരുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെ പാപികളായിട്ട് നിൽക്കുവാണ് കാരണം നമ്മൾക്ക് പല രീതിയിലുള്ള മോഹങ്ങളുണ്ട് ഈ മോഹങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോഴല്ല പാപം ചെയ്യാതെ ഇരിക്കുന്നത് അപ്പം അവിടെ ഈ ന്യായപ്രമാണത്തിന്റെ അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്യാതെ ഇരിക്കുന്നതെങ്കിൽ എന്റെ അകത്തുള്ളത് ന്യായപ്രമാണത്തിന്റെ അനുസരണമാണ് അതുകൊണ്ട് ദൈവത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല വിശ്വാസത്തിന്റെ അനുസരണം വേറെയാണ് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ ചെയ്യാതിരിക്കുന്നത് സ്വഭാവത്താൽ എനിക്കത് ചെയ്യണ്ട എനിക്കതിനോടൊരു മോഹമില്ല ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തുതര എന്ന് പറയുന്നത് അങ്ങനെയൊരു സ്വാതന്ത്ര്യം നമുക്ക് ഇടുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമുക്ക് ഇടുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ മോഹം പിന്നെ കർത്താവും മാത്രം ഭൂമിയിൽ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിലും ഒന്നും ആഗ്രഹിക്കുന്നില്ല അവിടെ കീരീടോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ അങ്ങേ മാത്രമാണ് ആഗ്രഹിക്കുന്ന സംഗീതത്തിന്റെ കാലം പറയുന്നത് അപ്പൊ ദൈവത്തിങ്കിലേക്ക് മാത്രം മോഹം നമ്മുടെ മോഹം വരിക അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ അവനെ അറിയുവാൻ വേണ്ടി അവനെ അറിയണം എന്നാണ് ന്യായ അന്യായങ്ങൾ എന്താണെന്ന് അറിയണം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രമാണം റോമർ എട്ടില് പറയുന്നത് അതുകൊണ്ടിപ്പോൾ ന്യായ പ്രമാണത്തിന്റെ അടിയില് ഇയാളുടെ ജീവിതം ഏഹ് ജഡം ഭയങ്കര ശക്തമായിട്ട് കാണുന്ന തരത്തിലുള്ള ജീവിതമാണ് ന്യായപ്രമാണത്തിന്റെ ജീവിക്കുന്ന ആൾ കാണുന്നത് ഇത്രയേ ഉള്ളൂ ന്യായപ്രമാണത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആൾ കാണുന്നത് ജഡം ഭയങ്കര ശക്തിയുള്ള സംഭവമാണ് അയാൾ ക്രിസ്തുവിനേക്കാൾ ശക്തിയുള്ള സാധനമായിട്ടാണ് ജഡത്തിനെ കാണുന്നത് കാരണം ന്യായപ്രമാണത്തിലാൻ്റെ അടിയിലാണ് ജീവിക്കുന്നത് പക്ഷെ ഇവിടെ റോമർ റെട്ടില് പറയുന്നത് ആ ജഡത്തിന്റെ ആ ശക്തിയിൽ നിന്നും മോഹങ്ങളുടെ ശക്തിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വേറൊരു കാര്യമുണ്ട് അതുകൊണ്ടിപ്പോൾ ക്രിസ്തു വേഷുവിലുള്ളവർക്ക് മാത്രമേ ഈ ഇത് ഉള്ളു വേറെ ആൾക്കാർ ആർക്കും ഇതില്ല ഈ നമ്മുടെ ഈ മോഹങ്ങള് ഇല്ലാതാക്കാനായിട്ട് ബുദ്ധമതം കൊറന്നാള ശ്രമിച്ചു ബുദ്ധമതത്തിന് പറ്റിയെന്ന് വെച്ചാല് എല്ലാ മോഹങ്ങളും ഇല്ലാതാക്കി ഇല്ലാതാക്കി വന്ന് ഒരു മോഹം ബാക്കി നിൽക്കുന്നുണ്ട് എന്താണ് ആ മോഹം മോഹങ്ങളെ ഇല്ലാതെയാക്കണം എന്നുള്ളൊരു മോഹം ബാക്കി നിൽക്കുന്നുണ്ട് ആ മോഹം ഇല്ലാതാക്കിയ ആ മതം ഇല്ലാതാവും അപ്പോ മോഹങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമോഹങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് പ്രപഞ്ചമോഹങ്ങളെ വർജിച്ച് നമ്മൾ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം നമുക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ മോഹം ക്രിസ്തുവിന് മോഹം അത് ആയിരിക്കും നമ്മളുടെ മോഹം പിതാവിന്റെ ഹിതം ചെയ്യുക പിതാവിനോട് കൂട്ടായ്മ ആചരിക്കുക ശത്രുക്കൾക്ക് വേണ്ടി പോലും ഒരു യാഗമായി തീരുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ വള്ളം ക്രിസ്തുവിന്റെ മോഹം അല്ലാതെ ഇവിടെ വന്നപ്പോ ഞാൻ നാൽപ്പത് വർഷം ഉപേക്ഷിച്ചതാണ് ഇനി ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ബിരിയാണി തരും അല്ലെങ്കിൽ ഒരു ശക്തി ഒന്ന് കല്ലിനെ അപ്പമാക്കാനായിട്ട് ഏഹ് അങ്ങനെ ഒന്നൊരു മോഹം കർത്താവിനുണ്ടായിരുന്നില്ല എനിക്ക് നാൽപ്പത് ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ന്യായമായിട്ടും വിശന്ന് ഒരു അതും നാല്പത് വർഷം വിശാസിനാൽ പരീക്ഷിക്കപ്പെട്ട് ജയിച്ചിരിക്കുമ്പോൾ ന്യായമായിട്ടും ഒരു കല്ല് അപ്പമാക്കി തിന്നുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു കുറ്റം പറയാൻ നമ്മൾ പറയില്ലെങ്കിലും കർത്താവിന് അതൊന്നും കാര്യമായിരുന്നില്ല നാപ്പത് വർഷം ഞാൻ ഉപവസിച്ചോന്നുള്ളതല്ല ഞാൻ വിശന്നോന്നുള്ളതല്ല എന്റെ പിതാവ് ഈ കലിനെ അപ്പമാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പത്തോളം മോഹോ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഇത് പഠിപ്പിക്കാനാണ് ഇസ്രായേലിനെ അവിടെ ഏഹ് അവർക്ക് വിശപ്പ് സഹിക്കാനാണ് ദൈവം അനുഭവിച്ചെന്ന് പറയുന്നുണ്ട് മരുഭൂമിയില് ഈ ക്രിസ്തുവിനെ ക്രിസ്തു ചെയ്ത അതേ കാര്യം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ അവരത് പഠിച്ചില്ല ഇസ്രയേൽ മക്കള് അവര് മരുഭൂമിയിൽ അത്യധികം മോഹിച്ചു അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു പക്ഷെ അവന്റെ പ്രാണന് ക്ഷയം അയച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ചില അനുഗ്രഹങ്ങൾ കിട്ടാൻ നേരം യഥാർത്ഥത്തിൽ ഒരു ശാപമായിട്ടാണ് നമുക്ക് വരുന്നത് കാരണം പ്രാണന് ക്ഷയം അനുഭവിച്ചു കഴിഞ്ഞാല് പിന്നെ ദൈവികമായ കാര്യങ്ങൾക്കൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ഈ ശരത്തിന്റെ കാര്യങ്ങൾ കിട്ടുക ശരത്തിന്റെ കാര്യങ്ങൾ കിട്ടുക എന്നുള്ള കാര്യത്തിൽ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും ഇന്ന് മഞ്ഞ നാളെ ഇറച്ചി തന്നു മറ്റന്നാ കാറ് തരും പിന്നെ വീട് തരും അപ്പൊ അതുപോലെ ആയിരിക്കും പ്രാണന് ക്ഷയം വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അപ്പൊ ഇവിടെ പറയുന്നത് റോം റെട്ടിന്റെ ഒന്നിൽ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തുന്നല്ല വരുത്തിയിരിക്കുന്നു അതാണ് പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാകും എന്ന് പറയുന്ന കാര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ ഉച്ചുനോക്കുന്നതിനെ പറ്റിയാണ് യാക്കു പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തെ പ്രമാണം എവിടെയാണ് ഇരിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഫർ നാലിന്റെ ഇരുപത്തിനാല് വായിക്കാൻ നേരം നമ്മൾ കർമ്മമാർഗവും വിശ്വാസമാർഗവും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാല് കർമ്മമാർഗം നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത് അത് ദൈവത്തിന്റെ സഹായത്തോടെ ആണെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എത്തണം ഉണ്ടാക്കണം വിശ്വാസമാർഗം അങ്ങനല്ല നമുക്ക് തന്ന കാര്യം മനസ്സിലാക്കി അതിനെ ധരിക്കുക അതിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാമെന്നുള്ളതാണ് അപ്പൊ ഉള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എഫ് എ സിയറിന്റെ മുമ്പിൽ അതാണ് പറഞ്ഞത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം അത് ആത്മാവിന്റെ ശുശ്രൂഷ കൊണ്ട് നടക്കുകയുള്ളൂ അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊണ്ട് നടക്കില്ല അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാനേ പറ്റുകയുള്ളൂ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ എഫ് എ സിർ നാലിന്റെ ഇരുപത്തിനാലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ യഥാർത്ഥമായിട്ട് ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം നമുക്ക് സംഭവിച്ചപ്പോൾ യഥാർത്ഥമായി നമുക്ക് സംഭവിച്ചത് എന്താണ് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായ ഒരു പുതിയ സൃഷ്ടിയെ നമ്മളുടെ അകത്ത് ദൈവം വെച്ചു നമ്മളുടെ അകത്തുള്ള ഈ പുതിയ സൃഷ്ടി പാപസ്വഭാവം ഉള്ളതല്ല ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടത് ആണ് ഈ പുതിയ സൃഷ്ടി ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഈ പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ഈ പുതിയ സൃഷ്ടിയെ ധരിച്ച് ജീവിക്കാൻ പറയുന്നത് എന്ന് വച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ സൃഷ്ടിയുടെ സ്വഭാവം എന്താണെന്ന് ഹൃദയ ദൃഷ്ടിയെ പ്രകാശിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം രണ്ട് പ്രമാണങ്ങൾ രണ്ട് തരം പ്രമാണങ്ങളുണ്ട് ന്യായ അന്യായങ്ങളുടെ അറിവിനെ പ്രമാണം അതാണ് ഈ അറിവിന്റെ വൃക്ഷം ഈ ആദം ഉഭയം തിന്നത് വൃക്ഷം എന്ന് പറയാൻ നേരം അവിടെ എന്താണ് കൊടുത്തത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ന്യായ അന്യായങ്ങളെ അറിവ് അതിൽ നിന്നാണ് കഴിച്ചത് അപ്പൊ ഈ ന്യായ അന്യായങ്ങളുടെ പ്രമാണം അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ന്യായപ്രമാണം ദൈവം മോശ വഴി ഇസ്രായേലിന് കൊടുക്കുന്നത് ന്യായപ്രമാണം കൊടുത്തു ജാതികളിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്തു കാരണം ഇനിയിപ്പോ ജാതികളുടെ ഇടയിൽ നടന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ജാതികളുടെ ഇടയിൽ കൂടെ ജീവിക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ പറയണ്ട ജാതികളെല്ലാം മാറ്റി നിങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടു വന്നു എന്നിട്ട് നന്മജന്മകളുടെ അറിവ് കൊടുത്തു മൊത്തത്തിൽ കൊടുത്തു നിങ്ങൾ ജീവിച്ച് കാണിക്കുന്നു പറഞ്ഞു അതാണ് അവർക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റാതിരുന്നത് കാരണം അപ്പോസല പ്രവൃത്തികൾ ഏഴിന്റെ അമ്പത്തി മൂന്നില് സഫാനോസ് പറയുന്നുണ്ട് ദൂതന്മാരുടെ ശുശ്രൂഷയാൽ നിങ്ങൾക്ക് കിട്ടിയ ന്യായ പ്രമാണം നിങ്ങൾ കാത്തിട്ടില്ല അനുസരിച്ചിട്ടില്ല അത് പറ്റിയിട്ടില്ലേ ഇതുവരെ ഇസ്രായേലിന് അപ്പോസല പ്രവർത്തികൾ പതിനഞ്ചിന്റെ പത്തില് അവിടെ ഈ ജാതികളെ പരിചയനെ ചെയ് പറയാൻ നേരം അവിടെ അപ്പോസൽമാര് പറയുന്നത് നമുക്കോ നമ്മളുടെ പിതാക്കന്മാർക്കോ ചുമക്കാൻ കഴിയാത്ത ഈ അടിമുഖം ഏ നമ്മള് ഇവരുടെ വെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പൊ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റത് ചെയ്യണം മറിച്ച് ചെയ്യണം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് മറ്റത് ചെയ്യണം മറിച്ച് ചെയ്യണത് പഠിപ്പിക്കുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയും ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു ഇടപാടുമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത് പകരം ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ് സുവിശേഷം പ്രസംഗിക്കുകയും ആൾക്കാര് അത് വിശ്വസിക്കുകയും വിശ്വസിക്കുമ്പോൾ ആത്മാവ് അവരുടെ അകത്ത് ഈ പൊതുജനനം ഏർ അത് തന്നിട്ട് ഈ പുതു സൃഷ്ടിയെ അകത്ത് അവരുടെ അകത്ത് ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിന്റെ ശുശ്രൂഷ പിന്നെ മുന്നോട്ടുള്ള ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ് ഈ പുതിയ സൃഷ്ടിയുടെ സ്വഭാവം എന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഹൃദയദൃഷ്ടി പ്രകാശിത് മനസ്സിലാക്കുകയും ഈ പുതിയ സൃഷ്ടി അതിൽ ജീവിക്കാനായിട്ട് മുന്നോട്ട് പോവുകയും ആത്മാവിന്റെ ശക്തിയാൽ ജീവിക്കാനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ വചനാനുസൃതമല്ലാത്ത ചില കാര്യങ്ങൾ നിർത്തി വചന അനുസൃതം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയുടെ തലത്തിലുള്ള ഒരു കാര്യമേ അല്ല പുതിയ നിയമത്തിലെ ആത്മാവിന്റെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ജനം സംബന്ധിക്കുന്നില്ല ജഡം സംബന്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡം പിന്നെ ഒരു പ്രശ്നമല്ല ജഡം മരിച്ചു കിടന്നാണെങ്കിൽ പോലും ഉയർപ്പിച്ച ആത്മാവാണ് നമ്മളുടെ അകത്ത് ഈ പുതു സൃഷ്ടിയാൽ വന്ന് നമ്മളെ ആത്മാവുമായിട്ട് ഏകാത്മാവ് ആയിരിക്കും മനസ്സിലാക്കി ആ ഉയർപ്പിന്റെ ശക്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ആ ന്യായ ഉറ്റുനോക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയിൽ ഈ നമ്മുടെ അകത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പുതു ക്രിസ്തുവിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഏകാത്മാവായി ആ പുതു അല്ലെങ്കിൽ ആ പുതു മനുഷ്യരാശി എങ്ങനെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ അത് ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ അതാണ് ഒന്ന് യോഹ ഞാൻ രണ്ടിന്റെ പറയുന്നുണ്ട് നിങ്ങൾ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് എന്താണ് അഭിഷേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഭിഷേക്തനിൽ ആയതുകൊണ്ട് കിട്ടിയതാണ് അഭിഷേകം ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ ക്രിസ്തുവിലായതുകൊണ്ട് എന്തായിരുന്നു ക്രിസ്തുവിന്റെ അഭിഷേകം യശ ആ വറോത്തനിൽ പറയുന്നുണ്ട് എന്നെ ദൈവത്തിന്റെ ആത്മാവാൽ അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പം ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് ഒരേ ആത്മാവിനാൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ക്രിസ്തുവിന്റെ അതേ ആത്മാവ് നമ്മൾ വന്ന് ഏകാത്മാവായി നമ്മളുടെ അകത്ത് ഒരു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ പുതു മനുഷ്യൻ എങ്ങനെയാണ് അതാണ് യാക്കോ പറയുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ പുതു മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാനത് വിശ്വസിക്കുമ്പോൾ ആ പുതു മനുഷ്യനെ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നു ഞാനത് ജീവിക്കുമ്പോൾ ഞാൻ ആ പുതുമനുഷ്യനെ ധരിക്കുന്നു കർമ്മമാർഗവും വിശ്വാസമാർഗം തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതാണ് ഇന്ന് നമ്മളുടെ സഭകളിലും എല്ലാമുള്ള പരാജയത്തിന്റെ വലിയ കാരണം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഈ വചനാനുസൃതം എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ മോശയുടെ കുറെ കൽപ്പനകളല്ല പുതിയ നിയമത്തിൽ ലേഖനത്തിന്റെ പകുതിയുടെ അപ്പുറത്ത് കിടക്കുന്ന കുറെ കൽപ്പനകൾ എടുത്ത് പഠിപ്പിക്കും അതും അക്ഷരത്തിന് ശുശ്രൂഷ തന്നെയാണ് കാരണം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം അപ്പൊ രണ്ട് ന്യായ ഒന്ന് എഴുതി വെക്കുന്ന ന്യായപ്രമാണം രണ്ട് ജീവന്റെ പ്രമാണം രണ്ട് പ്രമാണങ്ങളുണ്ട് ഈ എഴുതി വെക്കുന്ന പ്രമാണത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ കുറ്റവും കുറവും കാണിച്ചു തരാനും സഹായിക്കുള്ളൂ മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സഹായമരത്തില്ല അതാണ് ന്യായ അന്യായങ്ങളുടെ പ്രമാണം മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പം ഇപ്പൊ നമുക്ക് കടം നമ്മൾ നമ്മൾ വെച്ചോ ഏഹ് ഇൻകം ടാക്സിന്റെ നിയമം പറഞ്ഞു തരുന്ന എന്താണ് നീ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് സഹായിക്കൊന്നുമില്ല അതാണ് ന്യായഅന്യായങ്ങളുടെ പ്രമാണം മരണ ശുശ്രൂഷയാണെന്ന് പറയുന്നത് അത് നമുക്കൊരു ന്യായം വിധിക്കുന്നു നമുക്ക് മരണം ശിക്ഷയായിട്ട് തരുന്നു അല്ലാതെ ഒരു ഗുണവും ചെയ്യുന്നില്ല ഈ ജീവന്റെ പ്രമാണം ആണ് നമ്മളെ ശരിക്കും ജീവിപ്പിക്കുന്നത് ആ ആ ജീവനിൽ നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അത് ആ വീണ്ടും ജനനം വഴി വരികയും വീണ്ടും ജനനം വഴി ഈ പുതു സൃഷ്ടി നമ്മൾ പിന്നെ ബുദ്ധിയില്ലാത്ത ഗലാത്തിൽ ചെയ്തതുപോലെ ന്യായപ്രമാണത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കല്ല വിശ്വാസത്തിന്റെ പ്രസംഗം എന്നാണ് ഗലാത്തിരി പറയുന്നത് എന്താണ് വിശ്വാസത്തിന്റെ പ്രസംഗം എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രസംഗിച്ച് കേൾക്കുമല്ല എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് പ്രസംഗിച്ച് കേൾക്കുവാണ് എന്താണ് വിശ്വസിക്കേണ്ടത് നമ്മളുടെ അകത്തുള്ള പുതിയ സൃഷ്ടി എങ്ങനെയാണ് എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചവരിൽ കൂടെ പ്രസംഗിച്ചു കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും നമ്മുടെ ഹൃദയ പ്രകാശം നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നമ്മളിൽ വന്ന് നമ്മളെ ക്രിസ്തു എങ്ങനെ ഇവിടെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ സഹായിക്കും ഇതാണ് പുതിയ ഉടമ്പടി ഈ പുതിയ ഉടമ്പടി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും മിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഈ പഴയതും പുതിയതും കൂടെ ഒരുമിച്ച് തിന് ചേർത്താൽ കീറില് വലിയ കീറിലായി പോകുന്നു പറയുന്നത് പഴയത് മാത്രം ഉണ്ടായിച്ചെങ്കിൽ വലിയ കീറൽ ഉണ്ടാവില്ലായിരുന്നു പുതിയത് പഴയ ചെയ്യാൻ നേരം ഈ പഴയ ഉടമ്പടി ചെയ്യാൻ പറഞ്ഞതിനെ കാര്യം ഭയങ്കര കാര്യങ്ങളാണ് പുതിയ ഉടമ്പടി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കൂടി പക്ഷെ ഇത് ചെയ്യാനുള്ള ശക്തി കൂടിയിട്ടില്ല അപ്പൊ ഇവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ നിരാശ ഇത് തുന്നിച്ചേർത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് രീതിയിൽ ചെന്നെത്തും ഒന്ന് ഇത് ചെയ്യാൻ പറ്റാത്തത് ഉള്ള നിരാശ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്തപ്പോഴും ചെയ്യാൻ പറ്റുന്നു എന്ന് പുറമെ കാണിച്ച് കാപട്യം വെള്ളയടിച്ച കുഴിമാടം ഇത് രണ്ടുമല്ലാതെ വേറൊരു ഒരു ഇതില്ല ഈ പുതിയ ഉടമ്പടിയിൽ ജീവിക്കാൻ നേരം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മയിൽ കൂടെ മാത്രമേ നമുക്ക് പുതിയ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അഭിഷേകം നമ്മളെ പഠിപ്പിക്കുകയും ആ അഭിഷേകം പഠിപ്പിക്കുന്നത് ഭോഷ്ക്കല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിലനിൽക്കുകയും നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വസിക്കുക യോഹന്നാന്റെ പുസ്തകം പതിനഞ്ചാം പറഞ്ഞു വസിക്കുന്നവൻ എന്നിൽ വസിക്കുന്ന അധികം ഫലം കായ്ക്കും ഫലം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തികളെ പറ്റിയാണ് പറയുന്നത് നമ്മളുടെ അകത്തു നിന്നും മോഹങ്ങൾ പോയി യഥാർത്ഥമായിട്ടകത്ത് സ്നേഹം വരികയും സ്നേഹത്തിന്റെ പ്രവർത്തി ചെയ്യുകയും യഥാർത്ഥമായിട്ട് അകത്ത് സമാധാനം വരികയും സമാധാനത്തിന്റെ വാക്കുകൾ സംസാരിക്കുകയും സമാധാനം ഉണ്ടാക്കുന്നവരാകുകയും യഥാർത്ഥമായിട്ട് സന്തോഷം വരികയും ആ സന്തോഷം മറ്റുള്ളവർ പങ്കിടുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് പുതിയ ഉടമ്പട അവസ്ഥ അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിൽ ഉച്ച നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മകമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മളിരുന്ന് ഈ എഫ് എ സി നാലിന് ഇരുപത്തിനാലിൽ പറഞ്ഞ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപവുമായി സൃഷ്ടിക്കപ്പെട്ട പൊതു ആരാണെന്ന് മനസ്സിലാക്കി ആ മനുഷ്യനെ ധരിക്കുന്നതാണ് ഇപ്പൊ പ്രമാണങ്ങൾ രണ്ടു തരമുണ്ട് ഒരു പ്രമാണം എഴുതപ്പെട്ട പ്രമാണമാണ് ഇപ്പൊ ഐ ഇന്ത്യൻ പീനൽ കോഡ് അത് എഴുതപ്പെട്ട പ്രമാണമാണ് ആ എഴുതപ്പെട്ട പ്രമാണം എന്താണ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് വേറെ ജീവന്റെ പ്രമാണമാണ് ഓരോ ജീവനും ഓരോ സ്വഭാവമുണ്ട് ആ സ്വഭാവം അതിനൊരു പ്രമാണമാണ് എന്താണ് ചെയ്യേണ്ടതെന്നും ആ ജീവി എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ ചെയ്യണ്ടാത്തെന്നും അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ജീവന്റെ പ്രമാണമാണ് ഇപ്പൊ പന്നിനെ പറ്റി പറയുകയാണെങ്കിൽ പന്നി അത് കുളിപ്പിച്ചു കഴിഞ്ഞാല് അത് ഉടനെ തന്നെ ചെളി കണ്ടാൽ പോകും കാര്യം എന്താണ് അത് ഐ പി പന്നി ഇങ്ങനെ ചെയ്യണം എഴുതി വെച്ചോണ്ടല്ല ഇന്ത്യൻ അതിന്റെ വിദ്യാഭ്യാസം പോലും അതിന്റെ ജീവനൊരു സ്വഭാവം ആ സ്വഭാവം ഒരു പ്രമാണമായിട്ട് എന്താ ചെയ്യേണ്ടത് അതിന് ഇഷ്ടാനിഷ്ടങ്ങൾ കൊടുക്കും അതനുസരിച്ചാണ് അത് പോകുന്നത് പട്ടിക്കൊരു സ്വഭാവമുണ്ട് ചർതിൽ പിന്നെയും തിന്നും അത് ഐ പി സി എഴുതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞോണ്ടോ മുഖ്യമന്ത്രി പറഞ്ഞോണ്ടോന്നല്ല പ്രാവിനൊരു ഒരു ജീവനുണ്ട് പ്രാവ് ഒരു രീതിയിലേ നിഷ്കളങ്കരായി നമ്മള് പ്രാവിനെ നമ്മൾ ആൾക്കാരെ ഉപദ്രവിക്കാത്തവരാകുകയും എന്നാൽ പാമ്പിനെ പോലെ കൗശലമുള്ളവരാകുകയും ഒരു ജീവൻ ഉണ്ട് ആ ജീവൻ അതിന് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് കൗശലം അപ്പൊ കൗശലം നമുക്ക് വേണം എന്നാൽ എന്തിനാണ് കൗശലം വേണ്ടത് ആൾക്കാരെ ഉപദ്രവിക്കാനല്ല പകരം നിഷ്കളങ്കരായി നമുക്ക് ജീവിക്കാനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാനും ഒക്കെയാണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ ആ പരിശുദ്ധാത്മാവും നമ്മളുടെ ആത്മാവും ഏക ആത്മാവ് ആയിരിക്കുന്ന ആ അവസ്ഥയാണ് നമ്മളുടെ ആ പുതിയ സൃഷ്ടി പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാ നമ്മുടെ അകത്ത് വന്നപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉൾ ഇല്ലയോ എന്നാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാല് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് നമ്മൾ പറയുന്ന ആ മത്തായ മുതൽ വെളിപാട് വരെയുള്ള കാര്യങ്ങളിൽ പറയുന്ന വിശ്വാസമോ നിങ്ങൾ വിശ്വാസത്തിലാണോ ചോദന ചെയ്യുവിൻ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ക്രിസ്തു എന്നിൽ ഉണ്ട് എന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ വിശ്വാസം ക്രിസ്തു എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്ന ഞാൻ പുതിയ സൃഷ്ടിയായെന്നാണ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പുതിയ ജീവൻ ലഭിച്ചു എന്നാണ് ആ ജീവൻ നിത്യജീവനാണെന്നാണ് പറയുന്നത് നിത്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ജീവനാണ് പാപം വന്നാൽ മരണം മൂലം നശിക്കും ജീവൻ ഇപ്പൊ ഇത് ഒരിക്കലും നശിക്കാത്ത ജീവനാണ് എനിക്ക് കിട്ടിയെങ്കിൽ പാപം ചെയ്യാൻ പറ്റാത്ത ഒരു ജീവൻ എന്നിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ആ ജീവന് ഒരു സ്വഭാവം ഉണ്ടെന്ന് ദിവ്യ സ്വഭാവം ആ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി ഹൃദയദൃഷ്ടി പ്രകാശിച്ച് മനസ്സിലാക്കി അത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ ശക്തി നമ്മളെ മുന്നോട്ട് നടത്തി ആ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ വളരുക എന്നുള്ളതാണ് ശരിക്കും ക്രിസ്ത്യ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പാപബോധം തന്നെ തരുന്നത് ന്യായ എടുത്തു കഴിയാൻ നേരം വ്യഭിചാരം ചെയ്യരുത് ഓക്കെ ആ ന്യായപ്രമാണം കണ്ടു ഇനി വ്യഭിചാരം ചെയ്യരുത് അങ്ങനെയല്ല പാപബോധം നമുക്ക് തരുന്നത് കാരണം പരിശുദ്ധാത്മാവി പുതിയ സൃഷ്ടിയെ കാണിച്ചു തരുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത് ക്രിസ്തുവിനെയാണ് കാണിച്ചു തരുന്നത് അപ്പൊ ക്രിസ്തു എങ്ങനെയാണ് ആ വ്യഭിചാരം ചെയ്യരുന്ന് പറയുമ്പോൾ ന്യായപ്രമാണം ക്രിസ്തുവിൽ വരുവാനുള്ള നല്ല കാര്യങ്ങളുടെ നിഴലായിരുന്നു പറയുന്നത് ന്യായപ്രമാണം എടുത്ത് കളയുന്നത് എന്തിനാണ് നമ്മളെ അതിന് അതിന്റെ അതനുസരിച്ച് ജീവിക്കാനല്ല പക്ഷെ ന്യായപ്രമാണം ഇനി ഉപയോഗിക്കുന്നത് ക്രിസ്തു ആരാന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പൊ അവിടെ വ്യഭിചാരം ചെയ്യരുത് നമ്മൾ കാണാൻ നേരം ക്രിസ്തു എങ്ങനെ ആയിരുന്നു എന്നാണ് കാണിച്ചു തരുന്നത് യാക്കോബ് അതാണ് പറയുന്നത് സ്വാതന്ത്ര്യ ന്യായപ്രമാണത്തെ പറ്റി പറയാൻ നേരം വ്യഭിചാരത്തെ പറ്റിയൊക്കെ പറയാൻ നേരം പിന്നെ അഴികളോട്ട് വരാൻ നേരം പറയുന്നത് വ്യഭിചാരികളും വ്യഭിചാരണികളും ആയുള്ളവരെ ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പം വ്യഭിചാരം നമ്മൾ വായിക്കാൻ നേരം സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണം എന്താ നമ്മൾ മനസ്സിലാക്കി തരുന്നത് ലോകത്തെ സ്നേഹിക്കാത്ത അവിടെ സ്ത്രീ എന്ന് പറഞ്ഞ പ്രശ്നം പോവില്ല ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യത്തെ സ്നേഹിക്കാതെ പിതാവിന്റെ ഇതം മാത്രം നിറവേറ്റിയ ഒരു സ്നേഹത്തിൽ ജീവിച്ച ക്രിസ്തു എന്റെ അകത്തുണ്ട് എന്ന് കാണിച്ചു തരികയും ആ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി നമുക്ക് തരികയും പ്രപഞ്ച ബോഹങ്ങളിൽ വിടുതല് വിടുതല് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്താലാണ് നമുക്ക് ഈ വിടുതൽ പ്രാവശ്യം നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് ശപത്ത് ആചരിക്കണം നമ്മൾ വായിക്കാൻ നേരം മോശം ആ വായിക്കാൻ നേരം നമ്മള് ശനിയാഴ്ച കഞ്ഞി കറിയും വെക്കാറെന്നല്ല പകരം ശബത്തിനെ പറ്റി നമ്മൾ പഠിക്കാൻ നേരം അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളും ചെയ്യാതിരിക്കുക എന്ന് പ്രവാചകന്മാരി കൂടെ പറയുന്നുണ്ട് അതാണ് നമ്മളുടെ വാക്കുകളും നമ്മളുടെ പ്രവർത്തികളും നമ്മളുടെ സ്വയത്തിൽ നിന്നൊന്നും ചെയ്യാതിരിക്കുക എന്നുവച്ചാൽ പുതിയ സൃഷ്ടിക്ക് അനുരൂപരായി പുതിയ സൃഷ്ടിയെ ധരിച്ച് ജീവിക്കുക അതാണ് ഫെബ്രുവരി നാലിൻ്റെ പത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ കയറിയവൻ അവൻ സ്വന്ത പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു എന്റെ സ്വന്തം പ്രവർത്തികൾ നിർത്തി ഇനി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് ആ പുതിയ സൃഷ്ടി ധരിച്ച് ആ ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്ന ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന ആ അനുഭവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സാധാരണ പ്രസംഗിക്കുന്നത് മനസ്സ് മാറ്റം വരുത്തുക മനസ്സിനെ മാറ്റുക നമുക്ക് നമ്മുടെ മനസ്സിനൊരു മാറ്റം വരണം എന്നൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത് അത് പന്നിനോട് മനസ്സ് മാറ്റാൻ പറയുന്ന പോലെ ഇരിക്കുള്ളൂ മാനസാന്തരത്തിന്റെ യഥാർത്ഥ ഇത് മനസ്സ് മാറ്റുക എന്നുള്ളതല്ല വേറൊരു മനസ്സ് സ്വീകരിക്കുക ജഡത്തിന്റെ ചിന്തകൾ മാറ്റി ആത്മാവിന്റെ ചിന്തകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേറൊരുവന്റെ മനസ്സാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് റോമർ എട്ടില് പറയുന്നത് ആത്മാവിന്റെ ചിന്തകൾ ജഡത്തിന്റെ ചിന്തകൾ ഇത് രണ്ടും നമ്മളുടെ മനസ്സിലോട്ട് വരും ജഡത്തിൻ്റെ ചിന്തകൾ നമുക്കറിയാം അത് അനുസരണ കേട്ട് മക്കൾ വ്യാപരിക്കുന്ന ആത്മാവ് നമ്മളുടെ ഈ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ കൂടെയും രൂപാന്തരപ്പെടാത്ത മനസ്സിൽ കൂടെയൊക്കെ നമുക്ക് തരുന്ന കാര്യങ്ങളാണ് ആത്മാവിന്റെ ചിന്ത അങ്ങനല്ല പരിശുദ്ധാത്മാവ് ഈ പുതിയ സൃഷ്ടി എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ ക്രിസ്തു നമ്മളുടെ അകത്തുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തരുന്നതാണ് കാരണം പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവപുത്രനാണെന്ന് സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ് ഒരാൾ എങ്ങനെയാണ് ദേവപുത്രനാകുന്നത് പുത്രന്റെ ആത്മാവ് അകത്ത് ദൈവപുത്രനാകുന്നത് അപ്പൊ പുത്രന്റെ ആത്മാവ് നമ്മളുടെ അകത്തുണ്ട് ഈ പുതിയ സൃഷ്ടി നമുക്ക് നമ്മുടെ അകത്ത് കൊണ്ടെന്ന് സാക്ഷ്യം പറയുന്നതാണ് നമ്മുടെ ദേവപുത്രന്മാരാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നത് അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം നമ്മൾ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് ഈ മാനസാന്തരം എന്ന് തന്നെ പറയുന്നത് ഇന്ന് അവന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ ഹൃദയം കഠിനപ്പെടുത്തരുന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ആത്മാവിന്റെ സ്വരം കേൾക്കാത്തടത്തോളം കാലം ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാത്തടത്തോളം കാലം ജീവനില്ല കാരണം കർത്താവ് പറഞ്ഞു എന്റെ സ്വരം കേൾക്കുന്നവൻ ജീവിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും എല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കുകയല്ല പരമപ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ അകത്തുള്ള ഈ പുതിയ സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുക എന്ന് മനസ്സിലാക്കുവാണ് അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി ജീവൻ നമുക്ക് ലഭിക്കുള്ളൂ ആ ജീവൻ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ജീവിത ശൈലി മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജീവൻ ഒന്ന് ജീവിത പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിത മാറ്റുന്നതാണ് പക്ഷെ ഈ പുതു മനുഷ്യൻ മനസ്സിലാക്കി അത് വിശ്വസിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ശക്തി സ്വഭാവം നമുക്ക് പ്രാപിച്ചില്ലെങ്കിൽ ഈ ജീവിത മാറ്റാൻ പറ്റില്ല ഇന്ന് ജീവൻ ആൾക്കാർക്ക് ലഭിക്കാതെ ജീവിതശൈലി മാറ്റാൻ പറയുന്ന ശുശ്രൂഷകളാണ് ശരിക്കും നമ്മൾ അപ്പോസന്മാര് പറഞ്ഞത് എന്താണ് സാത്താന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടി അവർ നോക്കുമ്പോ എന്താണ് പറയുന്നത് അത് ചെയ്യണം ഇത് ചെയ്യരുത് വചനപ്രകാരം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് പക്ഷെ എന്താണ് അവര് പറഞ്ഞിരിക്കും അക്ഷരത്തിന്റെ ശുശ്രൂഷ തന്നെയാണ് കാരണം അവര് ശുശ്രൂഷയിൽ ഈ പുതു സൃഷ്ടി ആരാണെന്ന് ആൾക്കാർക്ക് ഹൃദയ സൃഷ്ടി പ്രകാശം വിശ്വസിച്ച് ആ അത്യന്ത ശക്തി ഉയർപ്പിന് ശക്തി അനുഭവിക്കാനും പറ്റുന്നില്ല ആ ശക്തി അനുഭവിക്കാൻ പറ്റാത്തവരുടെ ഒരു വലിയ മുഖം കെട്ടി ചുമത്തി അവരെ വീണ്ടും അടിമനുഖത്തിലാക്കുവാണ് അത് മോശം ആ പ്രമാണം വെച്ചല്ല അടിമനുഖത്തിലാക്കുന്നത് അപ്പോസന്മാര് ചെയ്യണം ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ അടിമ മുഖത്തിലാക്കുന്നത് അതുകൊണ്ടാണ് അവരെ പറയുന്നത് അവർ സാത്താന്റെ ശുശ്രൂഷക്കാരനെ പക്ഷെ നീതിയുടെ ശുശ്രൂഷക്കാരെ വേഷം ധരിച്ചിരിക്കും എന്ന് പറയുന്നു അതുകൊണ്ട് ആത്മാവിന്റെ ശുശ്രൂഷ എപ്പോഴും അകമേ നമുക്ക് അതാണ് കർമ്മമാർഗവും വിശ്വാസമാർഗം എന്നുള്ള വ്യത്യാസം കർമ്മമാർഗം പറയുന്നത് നീ ആയിട്ടില്ല നീ ആകണം നീ ആകാനായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതാണ് കർമ്മമാർഗം നീ ആയിട്ടില്ല നീ ആകണം നീ ആകാനായിട്ട് ഇന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതാണ് കർമ്മമാർഗം വിശ്വാസ മാർഗം അതല്ല നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി നീ ആയി പഴയത് കഴിഞ്ഞു പോയി ഇനി ആ പുതിയ സൃഷ്ടി എന്താണെന്ന് മനസ്സിലാക്കി ആ പുതിയ സൃഷ്ടിക്ക് ജീവിക്കാനായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ മഹിവാദനം പ്രാപിച്ച് ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ച് വിശ്വാസത്താൽ പരിശുദ്ധ വിശ്വാസ പരിശുദ്ധാത്മാ ഒരു ശക്തി പ്രാപിച്ച് ആ പുതിയ സൃഷ്ടി എങ്ങനെയാണോ ജീവിക്കേണ്ടത് ക്രിസ്തു എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കണം അതാണ് ആ പുതിയ മനുഷ്യനെ ധരിക്കുക പറയുന്നത് പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഓ എനിക്കൊരു വലിയ മാനസാന്തത്തിന്റെ സമയമായിരുന്നു എൻ്റെ എൻ്റെ പാപ കർത്താവ് കാണിച്ചു തന്നു ഞാൻ ഭയങ്കര ഞാൻ ഒത്തിരി മാറാനുള്ളത് കർത്താവ് കാണിച്ചു വളരെ നല്ലതാണ് സഹോദര പക്ഷെ പരിശുദ്ധാത്മാവാണെങ്കിൽ ന്യായപ്രമാണം വെച്ചല്ല അത് കാണിച്ചു തരുന്നത് ഈ പുതിയ സൃഷ്ടി ആരാന്ന് കാണിച്ചു തരും അപ്പോഴാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത് കാരണം പുതിയ സൃഷ്ടി എന്റെ അകത്തുള്ള പുതിയ സൃഷ്ടി ഇങ്ങനെ ആണല്ലോ എന്ന് കാണുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസാന്തരം അതാണ് യശിയാ പ്രവാചകൻ ഉണ്ടായത് ആറാം അധ്യായത്തിൽ യശയാപ്രവാചകനോട് ഒരു ന്യായപ്രമാണം കൊടുത്തില്ല പകരം ആ ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി ആ ക്രിസ്തുവിന്റെ ആ സ്വഭാവം കണ്ടപ്പോഴാണ് അവന്റെ തേജസ് കണ്ടപ്പോഴാണ് യശിയാവിന് ഞാൻ അരിഷ്ടമനുഷ്യന് മനസ്സിലായത് ന്യായപ്രമാണം കണ്ടിട്ടല്ല അപ്പൊ നമുക്ക് ഈ പാപബോധം തന്നെ വരുന്ന എങ്ങനെയാ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നല്ലൊരു വ്യാഖ്യാനിക്കാൻ വരുന്നൊരു മനസ്സുണ്ടെങ്കിൽ ഈ ബൈബിൾ എടുത്തിട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പാപത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇങ്ങനൊന്നും ആയിട്ടില്ല എന്ന് അങ്ങനെ വരാം പക്ഷെ അങ്ങനെയല്ല പരിശുദ്ധാത്മ പുതിയ സൃഷ്ടിക്ക് ന്യായപ്രമാണം വഴിയല്ല അന്യായ അന്യായങ്ങളുടെ മനസ്സിലാക്കൽ പകരം ക്രിസ്തുവിന്റെ തേജസ് കാണിച്ചാണ് അവർക്ക് പാവബോധം വരുന്നത് ആ ക്രിസ്തുവിന്റെ തേജസ് കാണിക്കുമ്പോൾ ഈ പുതിയ സൃഷ്ടിക്ക് അനുസ് പുതിയ സൃഷ്ടിയെ ധരിച്ചല്ലല്ലോ ഞാൻ ജീവിക്കുന്ന മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പാപബോധം വരുന്നത് അപ്പോ പാപബോധം ന്യായ പ്രമാണത്തിൻ്റെ വലിയ പാവബോധമാണ് കാര്യം എന്താണ് ന്യായപ്രമാണം വരാൻ നേരം എനിക്ക് പറ്റില്ല എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ പുതിയ സൃഷ്ടിയാണ് ഞാൻ ഇതെനിക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ഞാൻ ജീവിച്ചില്ലല്ലോ ഞാൻ അന്ധനായിരുന്നല്ലോ എന്നുള്ള ആ ഒരു വലിയ പാവബോധം വന്നിട്ടാണ് നമുക്ക് ശരിക്കും ആ മാനസാന്തരത്തിന്റെ വഴിയിലോട്ട് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ആദ്യമേ ജീവൻ പ്രാപിക്കുക പിന്നെ ജീവിത മാറ്റുക എന്നുള്ള ആ ഒരു ഓർഡറിലോട്ട് നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേല് ചെയ്തതുപോലെ നമ്മൾ പ്രവർത്തികളാൽ ദൈവത്തിന്റെ നീതി അന്വേഷിക്കുകയും ൾ ഇടർച്ച കലിൽ തട്ടി ഇടറി വീഴുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിള് വായിക്കാൻ നേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാ ഒരു ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു ഒരുവൻ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ അതിന്റെ മൂടുപടം മാറിപ്പോകുന്നു പറഞ്ഞില്ല പരിശുദ്ധാത്മാവിനോട് പറയണം കർത്താവെ അഭിഷേകം എന്നെ പഠിപ്പിക്കണമേ അതെനിക്ക് ആദ്യം ബോഷ്കായിട്ട് തോന്നിയാലും അത് ബോഷ്ക് വിശ്വസിക്കാതെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് അത് നിലനിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പറയുന്നുണ്ട് ഈ പഥ്യോപദേശം പൗലോസഫ് തിമൂത്തിക്ക് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പത്യോപദേശത്തിൽ നമുക്ക് എപ്പോഴും ഒഴുകിപ്പോകാനായിട്ട് ടെൻഡൻസിണ്ട് ഫെബ്രുവരി രണ്ടിൽ പറയുന്നുണ്ട് പത്യോപദേശം സൂക്ഷിക്കേണ്ടെന്ന് ഈ ഉപനിധി പരിശുദ്ധാത്മാവിന്റെ ശക്തിയേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം സർപ്പം ഉപായത്താൽ വഞ്ചിക്കും അപ്പോ നമ്മൾ ബൈബിള് വായിക്കുമ്പം ആ പരിശുദ്ധാത്മാവിനോട് ആ അഭിഷേകം നമ്മളെ പഠിപ്പിക്കാനും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാനും നമ്മുടെ വിളിയുടെ ആശ ഇന്നതെന്ന് മനസ്സിലാക്കാനും നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ വാം മോനെ ഇന്നത് ചെയ്യുന്നു വിളിയല്ല പുത്രന്റെ ആത്മാവ് നമ്മളുടെ അകത്ത് തന്നു പുത്രത്തിന്റെ ആത്മാവ് തന്നെ പുത്രന്മാരാക്കിയിട്ടുള്ള വിളിയാണ് അപ്പൊ ഈ ആത്മാവ് നമ്മുടെ അകത്ത് തന്നത് എന്തിനാണ് ദൈവത്തിന്റെ ആഴങ്ങൾ അറിയാനാണ് എന്താണ് ഈ ആഴങ്ങൾ അവന്റെ സ്നേഹത്തിന്റെ ആഴം ഉണ്ട് നീളവും വിധിയും ആഴം ഉണ്ട് അവന്റെ സമാധാനത്തിന്റെ അവന്റെ സന്തോഷത്തിന്റെ അവന്റെ ശ ശക്തിയുടെ ക്രിസ്തുവിന്റെ മഹിമാദനം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ഇത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ആയത് കാരണം സ്വാഭാവിക മനുഷ്യനെ ബൈബിൾ വായിച്ച് ബൈബിൾ സ്റ്റഡി കൂടെയും ബൈബിൾ കോളേജിൽ കൂടെ പോയി മനസ്സിലാക്കാൻ വരുന്ന കാര്യങ്ങളല്ല ഹൃദയ ദൃഷ്ടി പ്രകാശിക്കൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ രണ്ട് കുരുന്തൽ വായിക്കാൻ നേരം ഇത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കുരുടാക്കി നമ്മളെ വെക്കുന്ന ഈ ലോകത്തിന്റെ അധിപതി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു അപ്പോസന്മാരുടെ പ്രാർത്ഥനയുള്ള പോരാട്ടം വരെ സഭയുള്ളവർക്ക് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നിങ്ങളുടെ ആശ ഇന്നതെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പുതു എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കാൻ നേരം മൂന്ന് മനുഷ്യനെ പറയുന്നുണ്ട് പ്രാകൃത മനുഷ്യൻ ജടിക മനുഷ്യൻ ആത്മീയൻ ഇതിനകത്ത് പ്രാകൃത മനുഷ്യൻ നമ്മൾ പറയാൻ നേരം നമ്മൾ ആദിവാസികളെ നമ്മൾ ആലോചിക്കരുത് പ്രാകൃതം എന്ന് പറഞ്ഞാല് പ്രകൃതിയാലുള്ള റോമനിൽ പറയുന്നുണ്ട് പ്രകൃതിക്കൊരു സ്വഭാവമുണ്ട് ദൈവത്തിന് വേറെ സ്വഭാവമുണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നു പ്രകൃതിയുടെ സ്വഭാവത്തിനാണ് പ്രാകൃതം എന്ന് പറയുന്നത് ബൈബിളിനകത്ത് അല്ല ആദിവാസികളോ അല്ലെങ്കിൽ മനുഷ്യത്തിന് ഒന്നുമല്ല പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരാൾക്ക് പ്രകൃതിയുടെ സ്വഭാവമേ ഉള്ളു മനുഷ്യൻ പ്രകൃതിയാൽ എങ്ങനെ ആയിരിക്കും അതേ ഉള്ളൂ പരിശുദ്ധാത്മാവ് ദിവ്യ സ്വഭാവം എന്ന് സ്വഭാവം കൂടെ ഈ പ്രാകൃത മനുഷ്യൻ പ്രകൃതിയാൽ ഉള്ള ആദ്യം പാപ സ്വഭാവം ഉണ്ടായിരുന്നു അതിനെ വെട്ടിമാറ്റി ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം അവിടെ ഒട്ടിക്കുന്നതിനാണ് ഹൃദയപരിച്ഛേദന എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവും നമ്മളുടെ അകത്വവും നമ്മളുടെ ആത്മാവുമായിട്ട് ഏകാത് ഏകാത്മാവായപ്പോൾ പാപ സ്വഭാവത്തെ വെട്ടി മാറ്റി സ്വഭാവത്തെ അവിടെ പക്ഷേ അങ്ങനെയാണ് നമ്മൾ ആത്മാവിലാകുന്നത് മുമ്പ് നമ്മൾ ജഡത്തിലായിരുന്നു പ്രാകൃത മനുഷ്യനായിരുന്നു ആത്മാവിലായ മനുഷ്യർ രണ്ടു തരമുണ്ട് ജഡീകന്മാരും ആത്മീകന്മാരും ജഡീകന്മാർ ശിശുക്കളാണ് അവർക്ക് ദിവ്യ സ്വഭാവം ദിവ്യ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് അറിഞ്ഞുവിടാം എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കാൻ നേരം അതിന് കാലുണ്ട് കൈ എങ്കിലും അതിനെ എഴുന്നേറ്റ് നടക്കാൻ അറിയില്ല അത് മുകളിലോട്ട് നോക്കണ താഴോട്ട് കവന്നിട്ട് താഴോട്ടേ നോക്കുള്ളൂ ഈ ഭൂമിയുടെ കാര്യങ്ങളിലാണ് അതിനീ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് സന്തോഷിപ്പിക്കുന്നത് കളിപ്പാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ ഇതിനെ ഇത് അതിനകത്ത് അശ്വ അതിന്റെ പ്രശ്നം എന്താണ് ദിവ്യ സ്വഭാവം മനുഷ്യന്റെ സ്വഭാവം അത് വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ആത്മാവിലായവർ പരിശുദ്ധാത്മാവ് വന്നവരാണ് ആത്മാവിലാകുന്നത് അതാണ് റോം റെട്ട് പറയുന്നത് ആത്മാവിലായവർ ശിശുക്കളായിരിക്കുമ്പോൾ ജഡസ്വഭാവമുള്ളവരാണ് അവർക്ക് ശരീരത്തിന്റെ കാര്യങ്ങളും മനസ്സിന്റെ ഈ ലോകത്തെ ആദ്യ പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അറിയുള്ളു അവിടെ നിന്നും വളർച്ച പ്രാപിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മീയരാകുന്നത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ പുത്രന്മാർ എന്ന് പറയും മറ്റേ ശിശുക്കളാണ് പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച പ്രാപിച്ചു എന്നാണ് അർത്ഥം അപ്പോ ആ ഒരു വളർച്ചയിലോട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ന്യായ പ്രമാണം കൊടുത്ത് പറ്റില്ല ഇവർക്ക് ലഭിച്ച ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം എങ്ങനെ ലഭിച്ചുവെന്നും ആ ദിവ്യ സ്വഭാവം എന്താണെന്ന് ഇവരെ ശ്രദ്ധേർച്ച് പ്രകാശിപ്പിച്ച് മനസ്സിലാക്കി വിശ്വാസത്താൽ ഇവർക്ക് വിശ്വാസം വന്ന് വിശ്വാസത്താൽ ഇവർക്ക് വരുന്ന ആ ശക്തി പ്രാപിച്ചു ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ഈ നമ്മള് ആ ശിശുക്കളായിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ന്യായപ്രമാണത്തിന്റെ അടിയിലോട്ട് പോകുമ്പോഴാണ് ഓ ജഡം ഭയങ്കര സംഭവം ജഡം സമ്മതിക്കുന്നില്ല ജഡം ജഡം ജഡം ഈ മരിച്ചു കിടന്ന ജഡത്തെ പോലും ഉയർപ്പിച്ച ആത്മാവൻ അകത്തിരിക്കുന്ന ഹൃദയദൃഷ്ടി പ്രകാശിച്ച് മനസ്സിലാക്കണം മരിച്ചവരുടെ നിന്നും ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ ഈ മർത്തിശീരങ്ങൾക്ക് ഉയർപ്പിന്റെ ശക്തി ജീവൻ നൽകുന്നതാണ് റോബർട്ടിന്റെ പനെന്ന് പറയുന്നത് ഇതെല്ലാം ഹൃദയദൃഷ്ടി പ്രകാശിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന വേറൊരുവന്റെ ജ്ഞാനം വേറൊരുവന്റെ സ്വഭാവം വേറൊരുവന്റെ ശക്തി വേറൊരുവന്റെ പ്രകൃതം അതിനാൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കണമെന്ന് പറയാൻ നേരം ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ ചെയ്യണം എന്നല്ല ആദ്യം പറയുന്നത് ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത് വേറൊരുവന്റെ ജ്ഞാനം പിതാവ് കാണിച്ചു പുത്രൻ അതുപോലെ ചെയ്യുന്നു വേറൊരുവന്റെ സ്വഭാവം വേറൊരുവന്റെ ശക്തി കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ ആത്മാവാൽ ഇത് ചെയ്യുന്നുവെങ്കിൽ പുത്രന്റെ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല ക്രിസ്തു നമുക്ക് കാണിച്ചിരുന്ന മാതൃക സ്വയമേ ചെയ്യുന്നതല്ല പകരം വേറൊരുവൻ ക്രിസ്തുവിനൂടെ ജീവിക്കുന്ന മാതൃകയാണ് കാണിച്ചിരുന്നത് അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ മാതൃക അപ്പൊ വേറൊരുവൻ നമ്മളിലൂടെ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമതാണ് ജീവിതശൈലി മാറ്റുന്ന പുതു മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലായി അത് അനുഭവമായല്ലെങ്കിൽ ഈ പുതു മനുഷ്യനെ ധരിക്കാൻ പറ്റില്ല നമുക്ക് ആൾക്കാർക്ക് ആകെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കുറെ വലിയ വലിയ വലിയ കൽപ്പനകളായിരിക്കും അതിൽ അക്ഷ അത് അക്ഷരത്തിലെ ശുശ്രൂഷയാണ് അപ്പോസ്വലന്മാര് പറഞ്ഞത് അത് സാത്താന്റെ ശുശ്രൂഷകരാണ് അവർ നീതിയുടെ ശുശ്രൂഷകന്മാരെ വേഷം ധരിക്കുന്നു നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറയുന്നത് പക്ഷേ എന്താണ് അവര് ശക്തിയെ ത്യജിക്കുന്നു അകത്ത് പുതിയ സൃഷ്ടി അതിന്റെ സ്വഭാവം ആ പുതിയ സൃഷ്ടിക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ജീവിക്കാൻ വരുന്ന ആ കാര്യങ്ങളെല്ലാം ത്യജിക്കുന്നു വീണ്ടും നമ്മളുടെ ആ മനക്കട്ടി നമ്മുടെ ആ വിൽപവർ നമ്മുടെ ഇച്ഛാശക്തി നമ്മളുടെ ഈ ആക്രമണം നിങ്ങളുടെ മനസ്സ് മാറ്റണം മനസ്സ് മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല വേറൊരു മനസ്സ് സ്വീകരിക്കാൻ നമുക്ക് പറ്റും എങ്ങനെയാണ് ഇന്ന് അവന്റെ ശബ്ദം കേട്ടാൽ ഹൃദയം കഠിനപ്പെടുത്താരിക്കാൻ വേണ്ടി വരും ഈ ദൈവവചനം തിരുവഴുത്തികൾ വായിക്കാൻ നേരം നമുക്ക് വേറൊരു മനസ്സ് കിട്ടും അത് കർത്താവ് നമ്മളുടെ അകത്ത് ചെയ്യുന്ന ക്രിസ്തുവിന്റെ മർമ്മം ആ ആ ഗൂഢമായ ഒരു കാര്യം വഴി ക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തി അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം എന്ന കണ്ണാടിയിൽ കൂടെ ക്രിസ്തു ആരാണ് നമുക്ക് കാണിച്ചു തരുവാണ് ആ പുതിയ സൃഷ്ടി ആരാണെന്ന് പരിശുദ്ധാൽ കാണിച്ചു തരുവാണ് അത് മറക്കാതെ ആ പുതു ധരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന കാര്യത്തെ പറ്റിയാണ് അവൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് സാധിക്കും സഫലനാകും എന്നാണ് പറയുന്നത് ആ സഫലതാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിനായി ഫലം കായ്ക്കാന്നുള്ള സഫലതയാണ് അതാണ് നമ്മളെ റോമന്റെ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തിൽ നിങ്ങൾ നിങ്ങൾ നമ്മൾ മരിച്ചു വേറൊരുവന് നമ്മൾ ഭാര്യയായി എന്തിനാണ് ദൈവത്തിനായി ഫലം കായ്ക്കാൻ വേണ്ടി അപ്പൊ അതാണ് നമ്മൾ കർമ്മമാർഗവും വിശ്വാസമാർഗവും നമ്മളുടെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെയ്ത പോലെ ആ പ്രവർത്തിയാൽ ഈ നീതി അന്വേഷിച്ച് നമ്മൾ ആ കല്ലിൽ തട്ടി വീഴും എന്ന് പറയുന്നത് ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്